മൂസ അലേഹിസലാം അള്ളാഹു സുബഹാനഹുവഅലയെ ഞങ്ങൾ നേരിട്ട് കാണുന്നതുവരെ ഞങ്ങൾ താങ്കളെ വിശ്വസിക്കുകയില്ല എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക അപ്പോൾ നിങ്ങൾ നോക്കിനിൽക്കെ ഒരു മിന്നൽ നിങ്ങളുടെ മേൽ പതിച്ചു